നമ പരമർഷിഭ്യോ നമ പരമ ഷിഭ്യമിശാത്തേ ശാത്തപാവനമചന് വൈഭവം തം നരം വപുഷി കുഞ്ചലം മുഖേ മന്മഹേമന്തിലഹുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വന ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവ്യാതേ ദക്ഷിണമൂർത്ത പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത ദുധം ഗീതമൃതം വസുതവസു ദിവസൂരമർദരമാനന്ദിഷോടാജയദ്രഥജല ഗാന്ധരൻ ശല്യഗ്രാഹവീ കൃപേണ വഹനി കന്നേന വേലകുല അശ്വത്ഥമ വികന്മകരാ ദുര്യോധനവർത്തി സോക്തീ ന ഖലു പാണ്ഡവൈരനലീ കൈവർത്തകാരാശലവചോജമലം ഗീതാർത്ഥന്ധോത്കണം നാനകേസരം ഹരികഥ ബോധിം ലോകേ സജ്ജനഷട്ടീയമാനം മുദയാ ഭാരത പങ്കജം കലിമല പ്രധ്വം സിന്ശ്രേയസേ മൂക്കം കരോതി വാചാളം അംഗു ലംഘയത്തെ ഗിരി യത്കൃപാഹം വന്ദേ പരമാനന്ദധവ രുണേന്ദ്രുദ്രമരുതസ്നസ പശ്യം യോഗിനോ യം ന വിദുസുരാ േണിവാ ശുഭം ഗിരം പാർയാർത്തിഹരോ ദൂർത്തിനാഹം പ്രകാശോയാസമാവൃത മൂഢോയം നോക്കോ മാം അജം അവ്യയം ഭഗവാ സമ്മതിക്കാണ് നാഹം പ്രകാശ സർവസ്യുള്ളത് ഞാൻ മാത്രമാണെങ്കിലും എല്ലാവർക്കും ഞാൻ കാണപ്പെടുന്നില്ല അറിയപ്പെടുന്നില്ല അതിങ്ങനെയാ യോഗമായാസമാവൃത്ത മായ എന്നുള്ളതിന് ഒരു പേരാണ് യോഗമായശ്വരന്റെ മായാശക്തി സമാവൃത്തം അത് നമ്മളുടെ ബുദ്ധിയെ മറച്ചിരിക്കുക അത് നമ്മളില് മാനിഫെസ്റ്റ് ആവണത്തെ അജ്ഞാന രൂപത്തില് മൂഢോയം ലോകോ നാം നമാം അഭിജാനാത്തി ലോകം മൂഢം ശങ്കരാചാര്യർ മൂഢമത്തെ എന്ന് പറഞ്ഞപ്പോ എന്റെ ഈ ശങ്കരാചാര്യർ ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ ശങ്കരാചാര്യർ പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ല ഭഗവാൻ പറഞ്ഞതാണ് ൂഢോയം നാഭിജാനാതി മൂഢന അജ്ഞാനാവൃത്തം ലോകോമാമജമവ്യയം സർവത്ര വ്യാപിച്ചിരിക്കുന്നുണ്ടെങ്കിലും സൂര്യനേക്കാളും പ്രകാശമാനമായിട്ടുണ്ടെങ്കിലും കാണാൻ വയ്യ അതിനേക്കാളും പ്രകാശമാനമായിട്ട് വേറെ എന്നാണ് വേദം പറയണത് അല്ലേ ഉപനിഷത്ത് പറയണം സ്വയം പ്രകാശമാണ് അത് പ്രകാശിക്കണത് കൊണ്ടാണ് സൂര്യചന്ദ്രാദികളൊക്കെ പ്രകാശിക്കണത് ഇത്രയും പ്രകാശമാണെങ്കിൽ കാണണ്ടേ ശിവാനന്ദ ലഹരിയിൽ തന്നെ ആചാര്യസ്വാമി പറഞ്ഞു ഒരേ ഒരു സൂര്യൻ അമ്മാവാസ ദിവസമുള്ള ഇരുട്ട് നേരം വിളിച്ചാകുമ്പോഴേക്കും പോണു ഏകോ വാരിജ ബന്ധവഹാം വാരിജന്ന് വെച്ച താമര താമരക്ക് ബന്ധുവാണ് സൂര്യൻ സൂര്യൻ ഉദിച്ചാൽ താമര വിരിയും നല്ല മനോഹരമായ ഒരു പേരാണ് അവിടെ പറഞ്ഞത് താമരവരി സൂര്യൻ ഉദിക്കണം അതുപോലെ ഭഗവാനാവുന്ന സൂര്യൻ ഈശ്വര കൃപയാവുന്ന സൂര്യൻ ഗുരു കൃപയാവുന്ന സൂര്യൻ അവിടെ ഉദിച്ചാൽ ഇവിടെ ഹൃദയത്തില് താമര വിരിയും ിരിജബന്ധവണഭവൻ അക്ഷരമണു പറയണു ഹേ അരുണാചല നീ സൂര്യനാണ് എന്റെ കിരണം ഇവിടെ സ്പർശിച്ചാലേ ഇവിടെ താമര വിരിയുള്ളൂ നീ സൂര്യനായിട്ട് ഇരിക്കുന്നതിന് പകരം ഒരു വണ്ടായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിക്കുന്നു ഈ താമര വിരിഞ്ഞാൽ ഉള്ളിൽ വരാമെന്ന് പറഞ്ഞു നീ വണ്ടല്ല നീ സൂര്യനാണ് നിമിരു പോൽ നീയും അലന്തിലേ നേർനിൻ അരുണാചല നിമിരന്ന് വെച്ച വണ്ട് വണ്ടുപോലെ നീയും മലർന്നില്ല എൻറെ നല്ലവണ്ണം മലർന്നില്ല വിരിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കാം എന്ന് പറയാണ് ദുട്ടി ഫോം നീ സൂര്യനാണ് വണ്ടല്ല നീ പ്രകാശിച്ച് അരുണോഭവ ചിത്തകഞ്ച സു വികാസായ സൂര്യകിരണം ഇവിടെ സ്പർശിച്ചാൽ താമരവിരീണ പോലെ ഭഗവാന്റെ കൃപയാകുന്ന അറേ ആ കിരണം സാന്നിധ്യ വിശേഷം കൊണ്ടാണ് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നത് അധ്യാത്മമായ ഉദ്ദീപ്തി ഉണ്ടാവുന്നത് അതുകൊണ്ട് വ്യാപ്തം തമോ മണ്ഡലം മമാവാസ ഇരുട്ട് നോക്കിയാൽ എവിടെ നോക്കിയാൽ ഇരുട്ട് മുകളിൽ ചോട്ടിലും ഇരുട്ടില്ലാത്തൊരു സ്ഥലം ഇല്ല ഭിത്വാ ലോചനഗോചരോ ൂര്യപ്രഭഹിത്വാലോചന ഗോചരോപ്പി ഭവത്തി ആ ഇരുട്ട് മുഴുവൻ നീക്കി സൂര്യൻ വരണം ഭഗവാനാണെങ്കിലോ കോട്ടി സൂര്യപ്രഭഹ കോടി സൂര്യെന്നുവെച്ചാൽ ഒരു കോടി ഒരു ക്രോർ എന്ന അർത്ഥമല്ല വാസ്തവത്തിൽ ഇംഗ്ലീഷിലെ കോടി വാക്കില്ല ഇന്ത്യൻ ഇംഗ്ലീഷാണ് ഈ ക്രോർ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല അവർക്ക് ടെൻ മില്യൺ എന്നൊക്കെ പറയണം അതീ ക്രോർ നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ ഇംഗ്ലീഷും എല്ലാം അവർക്ക് മനസ്സിലാവുന്നു അവർക്കറിയില്ല അത് ഈ ഇവിടുന്ന് കോടി എന്ന് പറയും നോർത്തിൽ പോയ കരോടുപ്പതി കരോടുപ്പതി ഈ കരോടൊക്കെ ക്രോറായതാണ് കോടി എന്നുള്ള വാക്കിന് അർത്ഥം എന്താന്ന് വെച്ചാൽ അറ്റം നർത്ഥം എന്ത് കാമകോടി എന്നൂര് പേര് കാഞ്ചീപുരത്തിന് കാമ കോടി എന്ന് വെച്ച കാമത്തിന്റെ എൻഡ് കോടിക്കണക്കിന് കാമം ധരിക്കും ആളെ അങ്ങനെ ധരിച്ചിരിക്കും കാമ കോടി വില്ലിന്റെ കോടി എന്ന് വില്ലിന്റെ എൻഡ് ഒരു തെരുവിന്റെ കോടിയിൽ കടയുണ്ടെന്ന് പറയും തെരുവിന്റെ കോടിയെന്ന് വെച്ചാൽ തെരുവിന്റെ എൻഡ് സ്ട്രീറ്റിന്റെ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ് അവിടെ കടയുണ്ട് അപ്പൊ തെരുവിന്റെ കോടി കടാന്ന് പറഞ്ഞാൽ തന്നെ കോടീന്നർത്ഥം അത് വേറെ ഒരു വാക്ക് നമ്മള് കടാ കട എന്ന് പറയണ്ടല്ലോ ഈ കട എന്ന് പറഞ്ഞാൽ സ്റ്റോർ എന്ന കട എന്ന് പറഞ്ഞാൽ എൻഡ് അവസാനത്തിലുള്ളത് അതാണ് ഈ തമിഴിൽ കടവുള് പറഞ്ഞ ഈശ്വരൻ അറ്റത്തിലുള്ള ഉള് കടയിലുള്ള ഉള് കടന്ന് കടന്ന് കടന്ന് കടന്ന് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം കടയിൽ എൻഡിലുള്ള ഉള് അതാണ് കടവുള് ഈശ്വരൻ അതുപോലെ കോട്ടി എന്ന് വെച്ചാൽ കോട്ടി സൂര്യപ്രഭഹ എന്ന് വെച്ചാൽ ലൈറ്റിന്റെ ഇഫൾജൻസിന്റെ എൻഡ് അതിനു മേലെ ഇഫൾജൻഡാവാൻ പറ്റില്ല എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം എന്നുവെച്ചാലോ ഇരുട്ടിനെയും പ്രകാശിപ്പിച്ചാൽ സമ്പൂർണമായി അല്ലേ ഈ വെളിച്ചം ഇരുട്ടിന് ശത്രുവാണ് ഒന്നിലിതുണ്ടാവും അല്ലെങ്കിൽ ഇരുട്ടുണ്ടാവും ഈശ്വരനാകുന്ന വെളിച്ചമോ വെളിച്ചത്തിനെയും പ്രകാശിപ്പിക്കും ഇരുട്ടിനെയും പ്രകാശിപ്പിക്കും അതുകൊണ്ടാണ് ജ്യോതിഷം അപിതജ്യോതിട്ടിനെയും കടന്നു നിൽക്കുന്നു ജ്ഞാനഗമ്യം ഹൃദി സർവസ്യവിഷ്ഠിത്വം അത് അറിവാണ് അറിയപ്പെടേണ്ട വസ്തുവാണ് അറിയുന്നവനാണ് എല്ലാമാണ് എല്ലാവരുടെയും ഹൃദയത്തിന് ചിത് സ്വരൂപമായി ചൈതന്യസ്വരൂപമായി ബോധസ്വരൂപമായി അവനവന്റെ അസ്തിത്വരൂപത്തിൽ ഉജ്ജ്വലമായി പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുന്നു അതിനെയാണ് അക്ഷരം വേദിതവ്യം ദീപ്തപ്രകാശം എന്നൊക്കെ പലതും പറഞ്ഞത് അക്ഷരപുരുഷനായി ദിവ്യോഹി അമൂർത്ത പുരുഷ സബാഹ്യഭ്യന്തരോഹി അജഹാം അക്ഷരപുരുഷനായി അകമയ്ക്ക് എല്ലാ അനുഭവങ്ങൾക്കും അധിഷ്ഠാനമായി ഇരുപ്പ് മാത്രമായി സന്മാത്രമായി അജ്യോതി അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു സ ആത്മാ തത്വമസി അങ്ങനെ യാതൊന്നുണ്ടോ അത് തന്നെ ഹേ ശ്വേതകേത്തു ആത്മാ അത് തന്നെ നീ സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുമ്പോഴും അത് സ്വയം പ്രകാശമായിട്ട് തന്നെ ഇരിക്കണം അതുകൊണ്ടാണ് തമസ പരസ്ഥാന ഇരുട്ടിനപ്പുറം പോയതെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള ഇരുട്ട് മാത്രമല്ല നമുക്ക് എൻട്രി ഇല്ലാത്ത ഒരു ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് മാത്രം കടന്നു പോകാൻ പറ്റില്ല നമുക്ക് ആ ഗേറ്റ് ആണ് ഡീപ്പ് സ്ലീപ്പ് എഴുന്നേറ്റാ സുഖമായിട്ടിരിക്കണു ശരി എന്തത്ര സുഖത്തിന് അവിടെ കാരണം ഒന്നും കൂടെ ഉറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല അതിനകത്ത് പോയി നോക്കാൻ വയ്യ അല്ലേ വലിയ സേതുവാണെന്നാണ് ശ്രുതി പറയണത് അൺബ്രേക്കബിൾ വാൾ അങ്ങോട്ടേക്ക് പ്രവേശല്ല അതിനകത്ത് എന്തുണ്ട് അതിനകത്ത് സുഖം സുഖം എങ്ങനെയിരുന്നു സുഖം എന്റെ സ്വരൂപമായിട്ട് തന്നെ ഇരുന്നു അതുകൊണ്ട് സുഖമായിട്ട് ഇരുന്നു എന്നാണ് സുഖം അനുഭവിച്ചു എന്നല്ല സുഖം അനുഭവിക്കുന്ന ഒരാളൊന്നും അവിടെ ഇല്ല സുഖമായിട്ട് ഇരുന്നു യാതൊന്നവിടെ ഇരുന്നുവോ യാതൊന്നവിടെ ഉണ്ടായിരുന്നുവോ അതിന്റെ സ്വരൂപം തന്നെ സുഖമാണ് അത് സ്വയം തന്നെ അറിഞ്ഞും അവിടെ അറിവില്ലായ്മയൊന്നുമില്ല അത് സുഷുപ്തിയിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് സുഷുപ്തിയിൽ ഒരാൾക്കും പറയാൻ പറ്റില്ല ജാഗ്രതയിലേ പറയാൻ പറ്റുള്ളൂ എഴുന്നേറ്റിട്ടാണ് പറഞ്ഞത് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോഴോ ദാറ്റ് വാസ് ഫുൾ ഇന്റലിജൻസ് ഫുൾ നോയിങ്സ് ഫുൾ അവയർനെസ് അവിടെ ഒന്നും അറിവില്ലായ്മയുടെ ലേശസ്പർശം പോലും സുഷുപ്തിയിലിരിക്കുമ്പോഴില്ല എഴുന്നേറ്റ് നോക്കുമ്പോഴേ ഉള്ളൂ അപ്പോ അവിടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാളും അങ്ങോട്ട് പോവാൻ ആശിക്കില്ല അവിടെ സുഖമായിരുന്നു അറിവ് സുഖം ആത്മാ സ്വരൂപം ഒക്കെ ഏകപിണ്ഡമായിട്ട് വർത്തിച്ചു പ്രജ്ഞാനഘന അവിടെ ഉറക്കമൊന്നുമില്ല അവിടെ സ്വപ്നമൊന്നുമില്ല അവിടെ ജഗത്തെ ജീവൻ ഈശ്വരൻ എന്നുള്ള ത്രിപുടികളൊന്നുമില്ല അവിടെ ആത്മാ ബ്രഹ്മം സ്വയം പ്രകാശമായ സത്യം എല്ലാവർക്കും പ്രകാശിച്ചു ഇറ്റ്സ് എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് എല്ലാവരും ബ്രഹ്മാനുഭവത്തില് സമാധിയിലിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് ശ്രുതി ഒരു കാര്യം പറയണ്ട് സുഖമായിട്ട് ഉറങ്ങുന്ന ആളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത് ബ്രഹ്മഹത്യയാണെന്നാണ് ചെയ്യരുത് സുഖമായിട്ട് ഉറങ്ങുമ്പോ എഴുന്നേൽപ്പിക്കാന്നാണ് ബ്രഹ്മഹത്യാത്ര എന്താണെന്നുവെച്ചാൽ ബ്രഹ്മാനുഭവത്തിലാണ് ഇരിക്കുന്നത് ബ്രഹ്മജ്ഞാനമില്ലെങ്കിൽ ശ്രവണം ചെയ്യണം മനനം ചെയ്യണം നിധിധ്യാസനം ചെയ്യണം അനുഭവം ദ എക്സ്പീരിയൻസ് ഓഫ് ബ്രഹ്മൻ ഈസ് യൂണിവേഴ്സൽ ഇറ്റ് ഈസ് ഫോർ ഓൾ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആ സ്റ്റേറ്റിലാണ് ഇരിക്കണം ദു ആർ തോട്ട്ലെസ് യു ആർ ഇൻ ദാറ്റ് സ്റ്റേറ്റ് ചിത്രവൃത്തി ഇല്ലാതെ നിശ്ചലമായിട്ടിരിക്കൂ ഈശ്വരന്റെ ആ ഒമിനീഷ്യൻ സർവജ്ഞത്വം പക്ഷികളിലും മൃഗങ്ങളിലുമൊക്കെ പോലും ഉണ്ട് നാളത്തേക്ക് ഒന്നും ശേഖരിച്ചു വെക്കണേലും എങ്ങനെ ഇരിക്കണം നോക്കുക അവരെയൊക്കെ നമ്മള് പണ്ഡിതന്മാരെ അറിവുള്ളവര് എന്തൊക്കെയോ അഭിമാനിക്കണം അവരെയൊക്കെ നോക്കി നാണം കൊടുക്കണം അല്ലേ ഈശ്വരൻ ഒരു കാക്കയായിട്ടും പൂച്ചയായിട്ടും ഇരിക്കുന്നുണ്ട് എന്തു ധൈര്യം ധൈര്യം എന്ന് വെച്ചാൽ ധൈര്യം നമ്മളതിനെ അറിവില്ലായ്മ വിളിക്കുന്നു അവരുടെ നിശ്ചലത നാളെ കുറിച്ച് അവർക്ക് ചിന്തയില്ല അല്ലെ എത്ര അൺസേർട്ടൺ ആണ് ജീവിതം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ജീവി എന്ന് ആക്രമിക്കും പൊതുവെ ഈ പക്ഷികളൊക്കെ ഈ വൗ്വാല പോലത്തെ ജീവികളുടെ ഒക്കെ ആക്രമണമൊക്കെ ഉണ്ടാവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇതൊന്നും അതിനെ എന്തുകൊണ്ട് ആ പക്ഷികളും മൃഗങ്ങളും ഒന്നും ബാധിക്കണില്ല നാളെ ഇല്ല അവർക്ക് ഇന്നലെ ഇല്ല ഭഗവാൻ അക്ഷരമണമാലയിൽ രാപ്പകലില്ലാ വെറു വെളി വീട് എന്ന് പറയണ്ട് ആ ഫ്രീഡം വെർ ദർ ഇസ് നൈദർ ഡേ നോർ നൈറ്റ് അത് പക്ഷികളിലൊക്കെ പോലും ഉണ്ട് വിശ്വത്തിൽ മുഴുവൻ ഉണ്ട് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി ബ്രഹ്മാവലോക ധിഷണ ആ ഉള്ളതിനെ കണ്ടറിയാൻ ഒരഭിമാനിക്കാനുള്ള ഒരു അവകാശമുണ്ട് നമുക്ക് പക്ഷെ ഈശ്വരത്വം എല്ലാത്തിൻറെ ഉള്ളിലുണ്ട് ചിത്തവൃത്തി ഇല്ലാതെ ഇരുന്നാൽ അത് പ്രകാശിക്കും യോഗ് ചിത്തവൃത്തി നിരോധ നമ്മൾ പഠിക്കേണ്ടത് അതാണ് നമ്മൾ ആകെപ്പാടെ പഠിച്ചിരിക്കണത് മാനുഫാക്ചറിങ് തോട്ട്സ് ആണ് ചിന്തായന്ത്രം നിരോധയേത് ഉള്ളിലൊരു ഡേ ആൻഡ് നൈറ്റ് ഫാക്ടറി ആണ് തോട്ട്സ് നിശ്ചലോഭവ നിശ്ചലോഭവ നിശ്ചലോഭവ സർവനിശ്ചലതേ ജീവൻ മുക്തി നിശ്ചലമാവുമ്പോ ആത്മാവിന്റെ സ്വരൂപമാണ് മുക്തി ഭഗവാന്റെ മഹാവാക്യങ്ങളിൽ ഓരോന്ന് ഐ ഇസ് റിയലൈസേഷൻ എക്സിസ്റ്റൻസ് ഇസ് റിയലൈസേഷൻ വാട്ട് ഈസ് ഇസ് റിയലൈസേഷൻ വാട്ട് ഈസ് ഇസ് ഗോഡ് അഭാവോ വിദ്യത്തെ സതെ ഒരിക്കലും സത്തിന് അഭാവമില്ല സത്ത് മറയുന്നേ ഇല്ല എന്നർത്ഥം എന്നിട്ടാണ് നമ്മൾ ഈശ്വരനെ കാണാനില്ല കാണാനില്ല കാണാൻ അഭാവോ വിദ്യത്തെ സതസ്തകുഹകം സത്യം പരം ധീമഹി മറയാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സത്യം ആ ബോധം തന്നെ ഈശ്വരൻ ആത്മാ ഹൃദയം എന്ന് പറയണത് ആ ഹൃദയത്തിലാണ് വിശ്വം നിക്കണത് ഹൃദയം വിശ്വമസ്യ വിശ്വരൂപം ഒക്കെ ശ്രുതി തന്നുപനിഷത്ത് തന്നെ പലടത്തുമു അഗ്നിമൂർ ചക്ഷുഷീ ചന്ദ്രസൂര്യോ ദിശ്രോത്രേവാവൃതേ വായുപ്രാണോ ഹൃദയം വിശ്വമസ പദ്ഭ്യം പൃഥിവീ സർവൂന്ത ഇന്നലെ നമ്മൾ പറഞ്ഞു സൂര്യചന്ദ്രന്മാര് കണ്ണുകൾ ഇത് ഉപനിഷത് പ്രതിപാദ്യം ചക്ഷുഷീ ചന്ദ്രസൂര്യ രണ്ട് ഡയമെൻഷൻസ് പറയണം പകൽ രാത്രി നാച്ചുറൽ ടൈം അല്ലെ നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ അറിയുള്ളൂ വാച്ച് വെച്ചാലേ മറ്റേ സമയമൊക്കെ അറിയുള്ളൂ സൂര്യനുദിക്കുന്നു അഷ്ടമി ആ സ്വരൂപത്തിൽ അത് തന്നെയില്ല പകല് രാത്രിയോ ചെറിയ കുട്ടികൾ ചിലപ്പോ ചോദിക്കും ഇപ്പൊ രാത്രിയാണോ പകലാണോ ഇടക്കിടക്ക് ചോദിക്കും കുട്ടികൾ പല കുട്ടികളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കുട്ടികളെ അവർക്കറിയില്ല ഇപ്പൊ ഉച്ചയാണോ രാവിലെയാണോ ഒക്കെ ചോദിക്കും രാത്രിയാണോ പകലാണോ നമ്മളുടെ അവയർനെസ്സിൽ ഇത് വല്ലതുണ്ടോ അല്ലെ വേറെ നമ്മൾ ആഘോഷിക്കുന്നു നമുക്ക് ആർക്കെങ്കിലും ജനിച്ചു എന്നുള്ള ഓർമ്മയുണ്ടോ നോക്കൂ ഈ ആത്മാവാണെന്ന് ഈ ബ്രഹ്മമാണെന്നൊക്കെ പറയണത് ഒരു പുതിയ അറിവല്ല ഏതൊന്നാണോ വാസ്തവത്തിലുള്ളത് അതിന്റെ റെവലൂഷൻ മാത്രാണ് പല ആളുകൾക്കും പഴയ കാലത്തുള്ളവർക്ക് പിറന്നാളും അറിയില്ല നക്ഷത്രവും അറിയില്ല ഡേറ്റും അറിയില്ല ഞങ്ങളുടെ അവിടെ ഒരു പണിക്കാരി ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചാ പറയും എപ്പോഴാ ജനിച്ച ചോദിച്ചോ മേനെ ആർക്കറിയും പാലക്കാട് ഭാഷയാണത് മേനയെന്ന് ർക്കറിയും കൊറേ ദിവസമായില്ല അവിടുത്തെ ഭാഷയിൽ പറഞ്ഞ തൊങ്ങനെ ആയി വയസ്സെന്ന് പറയുന്നു എപ്പോഴാ ജനിച്ച ഒന്നും ഡേറ്റവും ഇല്ല നമ്പറും ഇല്ല ഒന്നും ഇല്ല ഇതൊക്കെ കലണ്ടറിലാണോ നമ്മൾ അല്ലേ ഇതൊക്കെ നോണയാണ് മന്ത് ഇയർ ഇടയ്ക്കിടയ്ക്ക് ഓരോ രാജാക്കന്മാർ വരുമ്പോ മാസങ്ങളൊക്കെ മാറ്റും നമുക്കൊരു മാസം അമേരിക്കയിൽ ഒരു മാസം നൂറുരു വർഷം നമ്മളുടെ ഋഷികൾ കൊടുത്തിരിക്കുന്ന ടൈം അറ്റ്ലീസ്റ്റ് നാച്ചുറൽ ആണ് ഡേ നൈറ്റ് ചന്ദ്രന്റെ പതിനാല് പതിനാല് ദിവസം ശുക്ലപക്ഷം കൃഷ്ണപക്ഷം ഈ മാസം എന്ന് പറയുന്നത് സയന്റിഫിക്കല്ല ഈ ഇരുപത്തിയെട്ട് ദിവസം അമാവാസ വരയ്ക്കും പൗർണമി വരയ്ക്കും പ്രഥമ മുത്തൽ ചതുർദ്ദശി പര്യന്തം അതൊരു ഒരു ഒരു കാര്യമെങ്കിലുണ്ട് ഇത് വെറുതെ ജാനുവരി ഒന്ന് രണ്ട് തൊട്ട് തൊട്ട് ഇങ്ങനെ വട്ടു കണക്ക് തെറ്റിയിട്ട് ഇരുപത്തെട്ട് പിന്നെ ഒരു വർഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് എവിടെ ടൈം ഇപ്പൊ പറഞ്ഞു കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്ത അതിനാണ് ഞാനിപ്പോൾ വരുന്നത് എന്താണ് കാലം ടൈം ടൈം എവിടെയുണ്ട് ഇരുന്നു കൊണ്ടേയിരിക്കണേ ഇരുപ്പില് കാലം ഉണ്ടോ ഭഗവാൻ പറഞ്ഞു കാലം എല്ലാത്തിനെയും ഗ്രസിക്കണമെന്ന് പറഞ്ഞു ഇരുന്നുകൊണ്ടേയിരിക്കണതാണല്ലോ ടൈം നമ്മൾ ടൈം എന്ന് കാലം എന്ന് പറയുന്നത് എന്റിനെയാണ് അവസാനിച്ചു വാസ്തവത്തിൽ കാലം അഖണ്ഡ സംവിത്തിനെയാണ് കാലം എന്ന് പറയേണ്ടത് പക്ഷെ നമ്മൾ ഖണ്ഡ സംവിത്തിനെ കാലം എന്ന് പറയുന്നു ഇന്ററപ്റ്റഡ് അവയർനെസ് ബ്രോക്കൺ അവേർനെസ് പക്ഷെ അൺബ്രോക്കൺ അവയർനെസ്സാണ് ഓരോ മൊമെന്റിലും മൊമെന്റിലും മൊമെന്റിലിരിക്കണ പ്രതിബോധവിദിത്തം ഓരോ ചുമ്മാരുന്ന പതിനായിരം ആണ്ടൊരല്പനേരം തോട്ട്സ് വരുമ്പോ ടൈം വന്നു അല്ലേ നമുക്ക് മാത്രമാണ് ബോറടിക്കേണ്ടത് നോക്കൂ നാച്ചുറല് ഒരു നായിക്ക് ബോറടിക്കില്ല അങ്ങനെ നോക്കുമ്പോഴും നമ്മൾ എത്ര വിഡികളാണെന്ന് നോക്കൂ ഇത്രയധികം ബുദ്ധിശാലികൾ എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് ബോറടിക്കണത് ആ ബോറിടം തീർക്കാൻ നമുക്ക് ഒരു വഴിയും കാണാനില്ല അതൊരു ഇന്നർ ഫോഴ്സ് ആണ് ഈ ബോറടിക്കാന്ന് പറയണത് ആത്മാവിന്റെ ഒരു ശക്തിയാണ് അതിങ്ങനെ ഓരോന്നോരോന്ന ഇതാണോ ആ ഇന്റലിജൻസാണത് അതിങ്ങനെ ശ്രമിച്ചു നോക്കുകയാണ് ഇതിലും അതല്ല അല്ല തള്ളി തള്ളിക്കളയാണ് എല്ലാം ബോറടിക്കും ബ്രഹ്മാവിന്റെ ലോകം വരെ എല്ലാം ബോറടിച്ച് കഴിയുമ്പോൾ അവസാനം തന്നിലേ എല്ലാം ബോറടിച്ച് കഴിയുമ്പോ അവസാനം ചുമ്മാര് എല്ലാം ബോർഡ് ബോറടിക്കലാണ് വേദാന്തികൾ പറയുന്നത് അതൊരു സൈൻ ഒരു ഒരു പ്രോസസ് മാതിരി തോന്നുന്നു എല്ലാവരുടെ ഉള്ളിലും ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ബോറടിച്ചതും ബോർഡിച്ചതും ബോർഡിച്ചതും എവർ ഫ്രഷായിട്ട് വലതുണ്ടോ നോക്കുകയാണ് അധ്യാത്മത്തിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടും എത്ര പ്രാവശ്യം ഒരേ ബ്രഹ്മവിദ്യ കേട്ടാലും എത്ര പ്രാവശ്യം ശ്രവണം ചെയ്താലും മനനം ചെയ്താലും നിധിധ്യാസനം ചെയ്താലും ധ്യാനം ചെയ്താലും നിശ്ചലമായിട്ട് ഇരിക്കും അത് ആ നിശ്ചലതയുടെ സുഖമാണ് അത് ബോറടിക്കണേ ഇല്ല എന്താന്ന് വെച്ചാൽ അത് ടൈംലെസ്നെസ്സാണ് സുഷുപ്തി ബോറടിക്കണ്ടേ രണ്ടേ രണ്ട് കാര്യമേ ബോറടിക്കാതിരിക്കുള്ളൂ ഒന്ന് ഉറക്കം രണ്ട് സമാധി ധ്യാനം ഈ സത്സംഗത്തിലുണ്ടാവുന്ന വാസ്തവമായ സുഖം അത് ബോറടിക്കില്ല എന്താന്ന് വെച്ചാൽ അത് ഈശ്വരന്റെ ശക്തിയാണ് പ്രകൃതിയിൽ രമ്യമായിട്ട് ഏതെങ്കിലും നമ്മുടെ മനസ്സിനെ ആ റാപോട്ടിൽ കൊണ്ടുവരണത് ബോറടിക്കില്ല സൂര്യോദയം ഈശ്വര സ്വരൂപാണ് ബോറടിക്ക മനസ്സുപയോഗിച്ച് നിങ്ങൾ അറിയുന്നത് എന്റർടൈൻമെന്റ് ഒക്കെ അവസാനം ബോറടിച്ചു പോകും എത്ര നല്ല എന്റർടൈൻമെന്റ് ആവട്ടെ കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു തുപ്പി കളയുന്നു അതിഭോഗാത് വിരജ്യത വെറുത്തുപോകും ഓക്കാരും വരും അപ്പൊ ടൈം എന്താണ് കാലം എന്ന് പറയണത് എന്താണ് ർ എന്ന് പറയുന്ന ടൈം വാസ്തവത്തിലുണ്ടോ പക്ഷി മൃഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവർക്ക് ആർക്കും പാസ്റ്റും ഫ്യൂച്ചറും ഇല്ല പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഇരിക്കാനേ പറ്റില്ല ഞാൻ മദ്രാസില് താമസിക്കുമ്പോൾ വീട്ടില് മൂന്നാമത്തെ നിലയിൽ നോക്കിയാലേ ഈ കാറ്റാടിമാരുണ്ട് അതിലാണ് ഈ കാക്ക കൂട് കെട്ടിയിരിക്കുന്നത് ആ കൂട് കെട്ടി അതിന്റെ മുട്ടയും കാക്ക കുഞ്ഞുങ്ങളും ഒക്കെ കാണാം നമുക്ക് മോൾ നോക്കിയാൽ വ്യക്തമായിട്ട് അത് ഇതുപോലെ മഴയും കാറ്റും കടിച്ചാൽ അതിങ്ങനെ കിടന്നു അല്ലേ അതിലാണ് ഈ കുട്ടികൾ ഇരിക്കുന്നത് എത്ര അൺസേർട്ടൺ ആണ് നോക്കൂ അവരുടെ ഒന്നും വീഴില്ല പൊട്ടില്ല ഒന്നും ഒന്നും അറിയില്ല നമ്മൾ എന്തൊക്കെ ചെയ്ത് വീട് ചെയ്ത് ആളുകൾ വലിയ വലിയ വീട് കെട്ടി ഉമ്മർത്തൊരു വീഡിയോ വെച്ചിരിക്കണം വന്നിരിക്കണ ആൾ ആരാണെന്നുള്ളിൽ കാണാൻ എന്നിട്ട് ബി വെയർ ഓഫ് ഡോഗ്സ് എന്നിട്ടുണ്ടാവും ഉമ്മർത്ത് ഒന്നും ഇല്ലെങ്കിലും വീട്ടില് നായ ഒന്നും വളർത്തിട്ടില്ലെങ്കിലും ഒരു വീട്ടിലേത് ഇട്ടിട്ട് അവര് ചോദിച്ചു ഇവിടെ നായൊന്നും ഇല്ല നായൊന്നുമില്ല പിന്നെ എന്തിനായിട്ട് ഒരു ഭയരിക്കട്ടെ ഇട്ടതാണോ നിങ്ങളുടെ പേരാണോ ണ്ടോ വേണ്ടേ ഒക്കെ ചെയ്തിട്ട് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് അറിയോ നമ്മള് സച്ചിദാനന്ദ്രണമല്ലോ അതിൽ സത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അബ്സലൂട്ട് സെക്യൂരിറ്റി ആണ് ആത്മാനുഭവത്തിൽ സച്ചിദാനന്ദ സത്ത് എന്ന് പറഞ്ഞ എക്സിസ്റ്റൻസ് കംപ്ലീറ്റ് സെക്യൂരിറ്റി അത് പക്ഷിമൃഗങ്ങളൊക്കെ ഉണ്ട് നോക്കൂ നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല വൃദ്ധ അഹങ്കരണം പരം എന്നാണ് ഭാഗവതത്തിൽ പറയണത് വെറുതെ അഹങ്കരിക്കാനൊന്നുമില്ല ഇത്രക്ക് വേദാന്തം പഠിച്ചിട്ടുമ്പോൾ നമുക്കൊന്നും അഭിമാനിക്കാൻ ഒന്നുമില്ല എന്താന്ന് വെച്ചാൽ അവരുടെ ധൈര്യം ഇങ്ങനെ കിടന്ന് ഒലയുമ്പോ ഞാനത് ഇങ്ങനെ ആശ്ചര്യമായിട്ട് നോക്കി നിൽക്കും എത്ര അൺസേർട്ടൺ ആണ് നാളത്തേക്ക് ഒന്നുമില്ല തലേ ദിവസവും ഇല്ല വരാൻ പോണ ദിവസവും അതിന്റെ കുട്ടികൾ മുട്ടയൊക്കെ അതിനകത്തുണ്ട് ആ മാതൃഭാവമൊക്കെ നമുക്ക് കാണാം ഭക്ഷണം കൊണ്ട് കൊടുക്കണതും അതിനൊരു ഒരു അറ്റൻഷൻ അതൊക്കെ ഉണ്ടാവും പക്ഷെ ടൈമില്ല ടൈം ഇല്ലെങ്കിൽ ധൈര്യം വരും പാസ്റ്റ് ഇല്ലെങ്കിൽ ധൈര്യം വരും ഫ്യൂച്ചർ ഇല്ലെങ്കിൽ ധൈര്യം വരും പ്രസന്റ് മൊമെന്റ് അങ്ങനെ നിശ്ചലത്തിലിരിക്കാമെങ്കിൽ ധൈര്യം ഉണ്ടാവും ആത്മനാവിന്ദത്മാവിൽ ധൈര്യമുണ്ട് മൈൻഡില് ഭയുണ്ട് നിങ്ങൾ മനസ്സിന്റെ ഉള്ളിലേക്ക് എന്റർ ചെയ്യൂ ഭയമുണ്ട് അയ്യോ എന്താവോ എന്താകൂ ഇവിടെ എവിടെയോ എന്തോ വേദന ഉണ്ട് ആസ്പത്രി ക്യാൻസർ ആയിരിക്കോ ഇവിടെ എന്തോ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമോ ഒക്കെ ഈ മൃഗങ്ങൾക്കൊന്നും ഇതൊന്നും ഇല്ലെന്നാണ് അപ്പൊ സംശയം ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ എന്ത് നമുക്ക് മാത്രം ഇതൊക്കെ വരണം തന്നെ നമുക്ക് ഹൈ ടൈം ആയിരിക്കണം ഇതൊക്കെ പക്ഷികള് മൃഗങ്ങള് ഒക്കെ ഉണ്ട് എത്ര എണ്ണുണ്ട് എത്ര സുഖമായിട്ടിരിക്കണു ഒന്നും പാരസെറ്റമോള് കഴിക്കണില്ല ഓർക്കുളിക കഴിക്കണില്ല ഒന്നുമില്ല നമ്മൾ മാത്രം ഈ വലിയ ആളുകള് മനുഷ്യൻ എന്ന് പറയുന്ന വലിയ വലിയ ജീവി ലോകം നശിപ്പിക്കാൻ ആക്രമണം കാണിച്ച എന്തുണ്ട് നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല സീറോ നിശ്ചലമാണ് അവരുടെ സീക്രട്ട് ടൈംലെസ്നെസ് തോട്ട്ലെസ്നസ് ശാന്തി നിശ്ചലത മൈൻഡില്ല മനസ്സില്ല അമനീഭാവം പാസ്റ്റ് ഇല്ല ഫ്യൂച്ചർ ഇല്ല ആ പ്രസന്റ് മൂമെന്റ് മാത്രം വർത്തമാനം അനായാസം ഭജത് ബാഹ്യതി ആക്ഷണം കാലം എന്ന് പറയുന്നത് അവിടെ വർത്തമാനക്കഥ വർത്തമാന കഥ വർത്തമാനക്കഥം യാസ ഭഗവാന്റെ അടുത്ത് കാണി ചോദിച്ചു കൊടുക്കുന്നു ഇത്ര പേരെ നശിപ്പിക്കണമല്ലോ ഈശ്വരൻ കാരണം എന്താ ഇവരൊക്കെ നശിപ്പിക്കപ്പെടേണ്ടവരാണ് കാലോസ്മി ലോകക്ഷയകൃപ്രമ ഈശ്വരൻ നശിപ്പിക്കാൻ നിശ്ചയിച്ചാൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല വരൂ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് യുദ്ധഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു വലിയ മണി കിടക്കണു യുദ്ധഭൂമിയിൽ വലിയ മണി ഇത് എന്ത് മണിയാണ് എന്ന് ചോദിച്ചു അപ്പൊ വ്യാസൻ പറഞ്ഞു ഇത് ഭഗതത്തനൊരു ആനയുണ്ടായിരുന്നു ആ ആനയാണ് യുദ്ധഭൂമിയിൽ ഏറ്റവും അധികം നാശം വരച്ച ആന ആ ആനയുടെ കഴുത്തിൽ ഒരു മണി ഉണ്ടായിരുന്നു ഭീപൻ ഒരുപാട് ആനകളെ കൊന്നു പക്ഷെ ഈ ആന ഭീമനെ വട്ടം കറക്കും ആ ആന ഒരു ദിവസം ഭീമനെ പിടിച്ച് അങ്ങോട്ട് പൊക്കി മേലെയിട്ടിട്ട് കൊമ്പുകൊണ്ട് കുത്താൻ ഇങ്ങനെ പോകുമ്പോ അർജുനൻ അമ്പ ചെയ്തിട്ട് ആ മണി അങ്ങോട്ട് പൊട്ടിച്ച് ചോട്ടിലിട്ടു അതോടുകൂടെ ആ അനയുടെ ശക്തി പോയിന്നാണ് ഭാരതം വ്യാസൻ ചെന്ന് ആ മണി പൊക്കും മണി പൊക്കുമ്പോ അതിൻറെ ഉള്ളില് മൂന്നു നാല് അപൂർവമായ ഇനത്തിൽ ചില പക്ഷികള് ഈ യുദ്ധഭൂമിയുടെ ഉള്ളിൽ ഇതൊക്കെ എവിടെ വന്നു ചോദിക്കാണ് അപ്പൊ പറയാണ് അർജുനൻ അമ്പ അയ്യുമ്പോ ധർമ്മപക്ഷക്കൾ എന്ന് പറയണ ഒരു ഗ്രൂപ്പ് പക്ഷികള് അതിലൊരു പക്ഷിയുടെ മേലെ അമ്പ് കൊണ്ടു അതിന്റെ മുട്ട ചോട്ടിലേക്ക് വീണു കറക്റ്റായിട്ട് ഈ ഭഗതന്ദ ഭഗതത്തിന്റെ ആനയുടെ മണി അതിന്റെ മേലെ വന്ന് വീണു അതുകൊണ്ട് ഇത്രയും പേര് ഓടി യുദ്ധഭൂമിയിലും ഒരു മുട്ട പോലും പൊട്ടിയിട്ടില്ല അത് അതിനകത്ത് കിടന്ന് വിരിഞ്ഞിരിക്ക ഈശ്വരന്റെ യോഗക്ഷേമ ശക്തി സംരക്ഷിക്കുന്നുണ്ട് നമ്മള് ഇൻഷുറൻസ് പോളിസിയാണ് സംരക്ഷിക്കുക ബാങ്ക് ഡെപ്പോസിറ്റാണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അതൊക്കെ നമ്മളെ കൈവിട്ടും പോകും ഒന്നും ഒരു മറ്റോ ഉപയോഗമില്ലാതെ പോകും നിശ്ചലത്തിലിരിക്കണു അവരൊക്കെ എവിടെ പോണു എന്നറിയണില്ല മരിച്ചാൽ പോലും എവിടെ ഡിസപ്പയർ ആവുന്നു എത്ര പക്ഷികൾ എവിടെ പോണു അവരൊക്കെ ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കണു ഇരിക്കുമ്പോ കാണു പിന്നെ കാണാനില്ല ശരീരം പോലും എവിടെയും കാണാനില്ല ഏതോ ഷോക്ക് അടിച്ച് കിടക്കണമെന്ന് വേണേൽ കണ്ടു വരാന്നല്ലാതെ അതും കാക്കയെ കാണുള്ളൂ വേറെന്തെങ്കിലും പക്ഷികൾ കാണിച്ചു തരും നാച്ചുറൽ ഡെത്ത് എന്താണോ അവർക്ക് ഒരു യൂണിവേഴ്സൽ ക്വസ്റ്റിനാണത് കാണുന്നതൊക്കെ ഈശ്വരന്റെ മഹാവൈഭവമാണ് ഇവിടെ മുഴുവൻ അമ്പലത്തിനുള്ളിൽ മാത്രമല്ല ഇവിടെ മാത്രമല്ല ഇവിടെ മുഴുവൻ നോക്കിയാൽ എന്റയർ മിസ്റ്ററി വിൽ ബി അൺറിവീൽ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഈ വർണ്ണനം മാത്രല്ല അങ്ങനെ നോക്കൂ കാണാം കാലോസ്മി എന്ന് ഭഗവാൻ പറയുമ്പോ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഈ പാസ്റ്റും ഫ്യൂച്ചറും വരും മായ കാരണം എപ്പോഴും പ്രസന്റ് മാത്രമേ ഉള്ളൂ പാസ്റ്റ് നടക്കുമ്പോ അത് പ്രസെന്റ് ഫ്യൂച്ചർ നടക്കണമെങ്കിൽ അത് പ്രസന്റ് ആയിരിക്കണം അപ്പോ എപ്പോഴും നടക്കുന്നത് പ്രസന്റിലാണ് പാസ്റ്റിലൊന്നും നടക്കില്ല ഫ്യൂച്ചറിലൊന്നും നടക്കില്ല എനിത്തിങ് ഹാപ്പനിങ് സംഭവിക്കുന്നു പറയണത് എപ്പോഴെങ്കിലും പാസ്റ്റിൽ സംഭവിക്കോ ഭൂതകാലത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ ഭാവി എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ സംഭവിക്കണത് പറ്റി ഇറപ്പ് എതിർവ് നിക്കഴാലവയും നികൊണ്ടേ ഇന്ന് ഉം ഒന്നിന് എണ്ണ ഉണൽ ഇറപ്പ് എതിർവ് ഭഗവാൻ തമിഴ് കൊടുക്കണ ഒരു ഭഗവാന് വിളിക്കുന്ന പേര് ഇറപ്പും എതിർപ്പ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഇത് രണ്ടും നികു എന്ന് വെച്ചാൽ പ്രസന്റ് ആ പ്രസന്റിലാണ് ഇത് രണ്ടും നിക്കുന്നത് കഴിഞ്ഞു പോയത് അപ്പോ പ്രസന്റ് വരാൻ പോണത് അപ്പോ പ്രസന്റ് ആയിരിക്കണം റെക്കോർഡ് പ്രസന്റ് ഇമാജിനറി എക്സ്പെക്ടഡ് പ്രസന്റ് അനുഭവം എന്ന് പറയുന്നത് പ്രസന്റ് ഇറ്റേണൽ പ്രസന്റ് എപ്പോഴും നൗ